ന്ദസ്വരൂപ സ്വാഭാവിക അനവധികുണഗുണമഹോദ സ്വഭമതാവ യുവദ്യാനന്ദ ദിവ്യൂപ സൂര്യപ്ര വിചിത്ര അനന്താശി ചന്ദ്ര ദിവ്യഘോഷ സ്വാമി രൂപ സാച്ച ശക്തി നിത്യ നിരവധി നിരദേശ കല്യാണ ദിവ്യായുധ സ്വാമി മതാനിത്യ നിരവധി ശ്രീരാതി അനവധിക ആദശ അസംഖ്യ കല്യാണ ഗുണഗണശ്രീവല്ലഭ ഇതുവരെ പറഞ്ഞുകൊണ്ടുവന്ന് മനസ്സിലാകാം ഓരോരോ വിഷയങ്ങൾ ആണ് ഈ ചർച്ച ചെയ്ത് ഈ വിശിഷ്ടാദ്വീത സിദ്ധാന്തത്തിൻ്റെ ഓരോരോ അംശങ്ങളെടുത്ത് ചർച്ച ചെയ്യുക മഹാവാക്യത്തിൽ അടുത്ത് പറയുന്ന ശ്രീയെക്കുറിച്ചാണ് ലക്ഷ്മി ശ്രീ എന്നുള്ള അത് ഈ ഒരു ഒരുവരി മിക്കവാറും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു എന്നാണ് വ്യാഖ്യാനത്തിൽ നിന്ന് വിശദമാക്കുന്നത് ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല പൂർവസ്വരൂപ നിരൂപകതയാ സാമാന്യത്വോ അഭിഹിതാം ശ്രീയം വിഭൂതി മധ്യേവിസ്ഥിതാം വിശേഷതോ ദർശനം അർത്ഥാ തസ്വരൂപാധികമപ്യഹാ ആദ്യം ശ്രീയപതി എന്ന് പറയുമ്പോൾ ശ്രീ എന്ന് പറയുന്നതിന് നിർദ്ദേശിച്ചു ആ സ്വരൂപത്വം നിർദ്ദേശിച്ചു സാമാന്യത്വം സാമാന്യമായിട്ട് അത് പറഞ്ഞു ശ്രീ എന്ന് പറഞ്ഞതേയുള്ളൂ ആ ശ്രീം വിഭൂതി മധ്യപിസ്ഥിതാണ് വിഭൂതി എന്ന് പറയുമ്പോ ശുദ്ധ വിഭൂതിയും അശുദ്ധ വിഭൂതിയും ശുദ്ധ വിഭൂതി എന്ന് പറയുന്നത് തത് വിഷ്ണു പരമം പദം എന്ന് പറയുന്നത് പരമപദമാണ് അശുദ്ധ വിഭ വിഭൂതിയാണ് ഈ പ്രകൃതികാര്യമായിരിക്കുന്ന ലോകം അപ്പോൾ അശുദ്ധ വിഭൂതിയിൽ ഉണ്ട് ശ്രീ വിഭൂതി മധ്യെ അഭിസ്ഥിതാം വിശേഷതോ ദർശനം ഇവിടെ എന്ത് ചെയ്യുന്നു അശ്രീ എന്താണെന്ന് വിശേഷിച്ച് പറഞ്ഞു ആദ്യ നിത്യവിഭൂതി എന്ന് പറയും ശുദ്ധവിഭൂതി എന്ന് പറയും ഒന്നാണ് പിന്നെ അതിൻ്റെ സ്വരൂപം ഇവിടെ എന്താണ് സ്ത്രീയുടെ സ്വരൂപം എന്താണ് വിഷ്ണുവായിട്ടുള്ള ബന്ധം എന്താണ് സ്ത്രീയുടെ ഉപാസന പ്രയോജനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടെ ഇപ്പൊ എല്ലാ ഈ ദർശനങ്ങളിലും ഈ ശക്തി എന്ന് പറയുന്ന ഒരു ഒന്ന് പ്രത്യേകം ചർച്ച ചെയ്യും എല്ലാ എന്ന് പറയുമ്പോൾ ഷബ് ദർശനങ്ങളൊന്നുള്ളതല്ല എല്ലാത്തിലും വൈഷ്ണവം താന്ത്രികവും ശൈവം തുടങ്ങിയ സർവത്തിൽ പക്ഷേ അവിടെയെല്ലാം ചർച്ചയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ശ്രീ എന്ന് പറയുന്നത് ഒന്ന് അതൊരു ശക്തിയല്ല ഇവിടെ ഒരു ശക്തിയല്ല എന്തെങ്കിലും അദ്വൈതികൾ പറയുന്ന പോലെ എന്താണോ മായാശക്തി എന്നെല്ലാം പറയൂ അതുപോലെ തന്നെ ഇനി മറ്റ് ചിലയിടത്ത് പറയുമെന്താണോ ശിവശക്തിയായുക്തോ ശക്തി ഇല്ലെങ്കിൽ പിന്നെ ശിവൻ അനങ്ങാൻ പറ്റത്തില്ല ശിവനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ശക്തി ഇവിടെ പറയും അതൊക്കെ അബദ്ധമാണ് എന്നാണ് ഇവിടുത്തെ നിലപാട് അവസരനാഥ് പറയും എന്തല്ല എന്നും പറയും മറ്റുള്ള ഈ കാഴ്ചപ്പാടുകളൊന്നും ശരിയായ കാഴ്ചപ്പാടല്ല ഇവിടെ എന്താണ് ഒരു കാര്യം പറയും എന്താണ് ശക്തി വിശിഷ്ടമാണ് അതങ്ങീരിക്കുന്നു ശക്തി വിശിഷ്ടമാണ് പക്ഷേ നാരായണനെ പോലെ തന്നെ സ്വതന്ത്രമാണ് ശക്തി അപ്പോ നാരായണയിലുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ശക്തിയിലുണ്ട് നാരായണൻ ശേഷിയും ശക്തി ശേഷവുമാണ് അതൊക്കെയാണ് പക്ഷേ ഇത് പറയുമ്പോഴും രണ്ടിനും ഒരു തുല്യത പറയും ഒന്നും മറ്റൊന്നിന് അധീനം എന്നുള്ള നിലകല്ല ശക്തിയുടെ ഇംഗിതം മനസ്സിലാക്കി നാരായണം പ്രവർത്തിക്കത്തുള്ളൂ കാരണം ഇവിടെ എന്താണ് ഇവർ രണ്ടുപേരെയും പറയുന്നത് മറ്റേ ഈ ശക്തിയെക്കുറിച്ച് പറയുന്നു മിക്കവാറും ശക്തിയും ശക്തനും ദമ്പതികളെ പോലെ പറയുന്നു ദമ്പതികളായിട്ടാണ് എത്ര അതിനെ മഹത്വപ്പെടുത്താമോ അത്രയും രീതിയിലാണ് ഇവിടെ ഇത് രണ്ട് നമ്മളുടെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഉദാഹരണം പറയുന്നു മാതൃകാ ദമ്പതികളെന്നൊക്കെ പറയുന്നു അതുപോലെ അപ്പോ ആരും കുറ്റം പറയരുത് പറയുകയാണ് എന്താണ് ശക്തി വിചാരിച്ചാലേ ശിവൻ അനങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ അവിടെ ഒരു സ്ത്രീ മേധാവിത്വം ഇല്ലേ സ്ത്രീ പുരുഷനെ വീഴ്പ്പെടുത്തി പിന്നെ അദ്വൈതകൾ പറയുന്ന എന്താണോ ശിവന ശക്തി എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്റെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എല്ലാ കാര്യങ്ങളും രണ്ടിലും കൂടെ യോജിച്ച് ചെയ്യുന്നു ഇനി ആരാധനയിലാണെങ്കിലും അത് ഭക്തൻ്റെ ഇഷ്ടമാണ് ഭക്തന് വേണമെങ്കിൽ നാരായണനെ ഏറ്റവും ഉപരിയായി ആരാധിക്കാം നല്ല ഇനി വേണമെങ്കിൽ ലക്ഷ്മിയെ ഉപരിയായി ആരാധിക്കും സ്ത്രീയും തത്വപി ഉച്ചമിഹ പ്രണമാമഹ നാരായണനോട് പറയാണ് ഒരു ഭക്തൻ നാരായണ ഞങ്ങൾ ഭജിക്കുന്നുണ്ടതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ശ്രീ ശ്രീയെ ഞങ്ങൾ തത്വോപി ഉച്ചയിൽ നിന്നേക്കാളും മേളിൽ കണ്ടിട്ടാണ് ഭരി വയമിഹ Pranamamaha ഞങ്ങളുടെ എല്ലാ പ്രണാമങ്ങളും പൂജയും എല്ലാം അർപ്പിക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള ഏർപ്പാടെന്തോ ആയിക്കോളട്ടെ പക്ഷെ ഞങ്ങൾ കാണുന്നവരെ നാരായണനേക്കാളും ഉപരിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പൊങ്ങിപ്പോകത്തൊന്നുമില്ല അത് അവസാനം പറയും ഭക്തന്മാരിങ്ങനെയൊക്കെ പറയും അതവരുടെ സ്വാതന്ത്ര്യമാണ് അപ്പോ വളരെ എന്താണോ ശരിക്കും ഒരു മാതൃകാ ദമ്പതികളെ പോലെയാണ് രണ്ടുപേരെയും അവതരിപ്പിക്കുന്നു അങ്ങനെ നേരെ നമ്മുടെ ദർശനങ്ങളിലൊന്നുമില്ല ഇത്രയും കറക്റ്റായിട്ട് ഉണ്ട് അതുകൊണ്ട് വിഷ്ണുവിനുള്ള നാരായണനുള്ള എല്ലാ ഗുണങ്ങളും സ്ത്രീക്കുണ്ട് മുക്തി സ്ത്രീയുടെ സ്ത്രീയെ സമീപിച്ചാലേ എളുപ്പം മുക്തി കിട്ടും അതിനി ഇവിടെ വിശദീകരിക്കുന്നിടത്ത് പറയും എളുപ്പം മുക്തി ഉണമെങ്കിൽ എന്ത് ചെയ്യണം ശരിയെ സമീപിക്കണം മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ അദ്വൈതികളുടെ ശുഷ്കമുക്തിയല്ല നിർവിഷയ മുക്തിയല്ല ബോറടിപ്പിക്കുന്ന മുക്തിയല്ല ആറ് മാസം നിങ്ങൾ മുക്തനായിരുന്നു ഞങ്ങൾക്ക് മതിയെന്ന് വിചാരിക്കും എന്താണ് ഒന്നുമില്ല നിർവിഷയമായ മുക്തിയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും ഉത്സവമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നും അടിപൊളിയാണ് ഒരിക്കലും ആർക്ക് ആർക്കും മടുത്തു പോകാത്ത മുക്തിയാണ് അപ്പോൾ ആ മുക്തിക്ക് വേണ്ടിയിട്ട് എളുപ്പക്കാരി സാധിക്കണമെങ്കിൽ എന്ന് വേണം നേരെ ലക്ഷ്മിയെ സമീപിക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് എളുപ്പത്തിൽ മുക്തി വേണമെന്നുള്ളവർക്ക് ഇതാ നല്ലത് അദ്വൈതമെന്നൊക്കെ പറയുന്നത് തല ചൂട് പിടിപ്പിക്കുന്ന കാര്യമാണ് ഇതൊന്നുമില്ല വെറുതെ ഭജിച്ചാൽ മതി വളരെ ഈസിയായിട്ടാണ് അതാണ് ഇവിടെയും പറയുന്നത് സ്വാഭിമത അനുരൂപം ഇതിൻ്റെ ഈ അന്യവും അർത്ഥവും സമാസവും വളരെ സൂക്ഷ്മമായി നിരൂപണം ചെയ്തിരിക്കുകയാണ് വേദാന്ത ദേശ സാറിന് പണ്ഡിതന്മാർ വരെ ഇത് വരഞ്ഞു ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് എല്ലാം ശാസ്ത്രീയമായിട്ടാണ് നിയമങ്ങളൊന്നും തെറ്റിക്കാതെയാണ് പക്ഷേ എല്ലാ ആശയങ്ങളും ഇതിൽ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഇതിനകത്ത് ആചാര്യൻ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് അതങ്ങനെ വ്യാഖ്യ വ്യാഖ്യാനിക്കുന്നത് പിന്നെ അതിൻ്റെ ഭാഷാപരമായ കാര്യങ്ങൾ പറഞ്ഞ് അതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തവർക്ക് ബോറടിക്കുക എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വാഭിമത അനുരൂപ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്വശബബ്ദം കൊണ്ട് ആരായിരുന്നു എല്ലായിടത്തും സ്വ എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെ തനിക്ക് അഭിമതവും അനുരൂപവുമായതെന്നുള്ളതും പിന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെ പക്ഷേ ഇവിടെ തനിക്ക് അഭിമതവും അനുരൂപവുമായിരിക്കുന്നത് ലക്ഷ്മി മാത്രമല്ല ലക്ഷ്മിയുടെ ഗുണങ്ങൾ ലക്ഷ്മിയുടെ പ്രവൃത്തികൾ എല്ലാ കാര്യങ്ങളുണ്ട് ഒന്നിലും എന്താണോ വിഷ്ണുവിന് അഭിമതമല്ലാത്ത ഒന്നും ലക്ഷ്മിയിലില്ല ലക്ഷ്മിക്ക് അഭിമതമല്ലാത്ത ഒന്നും എന്താണോ വിഷ്ണുവിനില്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഭയങ്കരമാണ് അതെ അതെ അത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞ മാതൃകാ ദമ്പതികൾ അപ്പൊ വിഷ്ണുവിന് പല പ്രത്യേകതകളൊക്കെ ഉണ്ട് സർവത്തിന് ശേഷിയായിരിക്കുന്നു വിഷ്ണുവാണ് സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ അവിടെ ലക്ഷ്മിയെ പരിഗണിക്കാതെ ഒന്നും ചെയ്യത്തില്ല ലക്ഷ്മിയുടെ അഭിപ്രായം അറിയാതെ ഒന്നും ചെയ്യത്തില്ല ലക്ഷ്മിയും വിഷ്ണുവിൻ്റെ അഭിപ്രായം അറിയാതെ യാതൊന്നും ചെയ്യത്തില്ല എന്നാണ് ഇതിൻ്റെ ഈ വ്യാഖ്യാനത്തിൽ നമ്മൾ മനസ്സിലാവും ഇത് അങ്ങനെ ഒരു ആശയം മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ ഗ്രഹസ്ഥ ജീവിതത്തിൽ നല്ലതാണ് ഈ ഒരാശയം അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്താണ് സ്വാഭിമത അനുരൂപ നിത്യ നിരവധ്യ സ്വരൂപരൂപം അതിൽ സ്വരൂപം മുമ്പ് വന്നതുപോലെ തന്നെ സ്വരൂപം എന്ന് പറയുന്നത് സ്വസാധാരണ ധർമ്മവിശിഷ്ടം സ്ത്രീയോ ദിവ്യാത്മരൂപം ദിവ്യാത്മ സ്വരൂപം അതാണ് അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ അനന്താനന്ദം എന്നുള്ള ആദ്യം പറഞ്ഞല്ലോ വിഷ്ണുവിൻ്റെ നാരായണന്റെ സ്വരൂപത്തെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞു അത് തന്നെ നിഖിലഹേയ പ്രത്യനീക കല്യാണേകത ശീതര സമസ്ത വസ്തുവിലണം ആനന്ദ ജ്ഞാന അനന്ത ആനന്ദജ്ഞാന ആനന്ദേകരൂപ അനന്തജ്ഞാന ആനന്ദേകസ്വരൂപ ആനന്ദജ്ഞാന ആനന്ദേകസ്വരൂപം അത് തന്നെയാണ് സ്വരൂപത്തിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ രൂപം എന്ന് പറയുന്ന ദിവ്യ വിഗ്രഹം ദിവ്യ വിഗ്രഹവും അതുപോലെയൊക്കെ തന്നെയാണ് ദജ ശരീരമാണ് വിഗ്രഹം എല്ലായിടത്തും സ്വരൂപം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്വരൂപത്തിലാണോ ശരീരമുള്ളത് ഇപ്പൊ നമ്മളെ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വരൂപം എന്ന് പറയുന്നത് ആത്മാവും വിരൂപം എന്ന് പറയുന്നത് ശരീരം അതുപോലെ സ്വരൂപ രൂപം ഇത് രണ്ടും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനോടാണ് ബാക്കിയെല്ലാം അന്വേഷിക്കുന്നത് പിന്നെ ഐശ്വര്യശീലാദികളെക്കുറിച്ച് പറയും പരത്വ സൗലഭ്യ ഔപയക ഗുണവർഗദ്വയം എന്താണ് ഐശ്വര്യം ശീലം ഐശ്വര്യം എന്ന് പറഞ്ഞ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു സർവത്തിന് ഉപരിയായ സ്ഥിതി ചെയ്യും സർവോപരിയായ സ്ഥിതി ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടാണ് ഇപ്പൊ ഈശ്വരൻ ഐശ്വര്യത്തിനാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വരൻ സർവോപരിയായ സ്ഥിതി ചെയ്യും സർവശക്തിയോടും കൂടി സ്ഥിതി ചെയ്യും അത് തന്നെയാണ് ഐശ്വര്യം എന്ന് എന്ന് പറഞ്ഞാൽ സൗലഭ്യം എന്നാണ് അതായത് ഒരാള് ആ ടോപ്പിലിരിക്കണം പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇവരൊക്കെ എന്താണ് വളരെ ടോപ്പിൽ ഇരിക്കുന്നവരാണ് ഐശ്വര്യത്തോടുകൂടിയവരാണ് അവർക്ക് ഒരുപാട് പവറുണ്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ ഒരു സാധാരണ ഒരു പൗരൻ ഒരു ഓട്ടർ അതൊക്കെ ഒരു സുലഭമല്ല നാ പോയെന്ന് പ്രധാനമന്ത്രി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചാണ് പറ്റത്തില്ല ഭയങ്കര സെക്യൂരിറ്റി ഒരുപാട് ഇടപാടുകളാണ് ഇപ്പൊ സൗലഭ്യമല്ല അപ്പൊ പരത്തും ഉണ്ടായിരിക്കും ചിലരുടെ പക്ഷേ അത് സുലഭമായിരിക്കുന്നില്ല അപ്പൊ ഇവിടെ ലക്ഷ്മിയെ സംബന്ധിച്ച് അങ്ങനെയല്ല പരമാണ് സുലഭവുമാണ് ആരെ സംബന്ധിച്ച് ഭക്തന്മാരെ സംബന്ധിച്ച് ആർക്ക് വേണോ സമീപിക്കുക സെക്യൂരിറ്റി ഒന്നും പ്രശ്നമേ ഇല്ല അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ഭക്തന്മാരെ സംബന്ധിച്ച് എന്താണ് അത് സുലഭമാണ് ആർക്ക് ഏത് അവിടെ പ്രവേശനമുണ്ട് എന്നാൽ സർവോപരി സർവശക്തിയോടും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ പരത്വ സൗലഭ്യത്വം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ കാണാൻ പ്രയാസം കാരണം അവർക്ക് പല പല പ്രശ്നങ്ങളും പരനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തൊരും അവർക്ക് മനുഷ്യരിൽ നിന്നകരിക്കേണ്ടി കാരണം അല്ലെങ്കിൽ ജീവൻ തന്നെ അതുകൊണ്ടാണ് നമുക്ക് പ്രധാനമന്ത്രിയും പ്രസിഡന്റിനും കാണാൻ പറ്റാത്ത അവർക്ക് കാണാൻ ഇഷ്ടം കാണുമായിരിക്കും കാണുന്ന ഇഷ്ടമായിരിക്കും പക്ഷെ കാണാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല പരത്വവും സൗലഭ്യവും പരവുമാണ് സുലഭവുമാണ് അതാണ് അത് ഐശ്വര്യശീലങ്ങളെ കൊണ്ട് പറഞ്ഞു ഐശ്വര്യശീലാദി ഐശ്വര്യം ശീലാതി എന്ന് പറയുന്നത് ജ്ഞാനം ശക്തി വാത്സല്യം തുടങ്ങി നിരവധി ഗുണങ്ങൾ എന്തൊക്കെയാണോ നാരായണനുള്ളത് അതെല്ലാം ഇവിടെ സ്ത്രീലും എല്ലാ ഗുണങ്ങളും അപ്പൊ അതിൻ്റെ സമാസത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നുണ്ടാണ് പഠിച്ചിട്ടുള്ളവർ ഐശ്വര്യശീലാദേഹം ഐശ്വര്യാദികൾ ശീലാദികൾ അനവധിക അതിശയാസ് അസംഖ്യയാസ്ത കല്യാണാസ്ത ഗുണാഹ കർമ്മധാര സമാസം അപ്പൊ ഇതെല്ലാം ഗുണങ്ങളെ കുറിച്ച് പറയണം ഐശ്വര്യശീലാദികൾ ഗുണമാണ് അത് അനവധിക അതിശയമാണ് ഗുണങ്ങൾ അത് അസംഖ്യയമാണ് ഗുണങ്ങൾ അതെല്ലാം കല്യാണവുമാണ് അങ്ങനെ പിന്നെ അവിടെ ഷഷ്ടി സമാസം ഗുണാനാം ഗുണ ഈ ഗുണങ്ങളുടെ സമൂഹം ആ ഗുണങ്ങളെ വിശേഷിപ്പിക്കുകയാണ് പിന്നെ അതിൻ്റെ മേലിലുള്ള ഭാഗമായിട്ട് എങ്ങനെ യോജിപ്പിക്കണം അത് താഴെ കൊടുത്തിട്ടുണ്ട് വസ്തുവുള്ളവർക്ക് നോക്കാം സ്വരൂപം രൂപം തദ്ഗുണ വിഭവ ഐശ്വര്യാദി ഗുണഗണാശ്ചേതി ദുന്തു അവിടെ ദുന്തുസമാസം വെച്ചാൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കണം മറ്റ് വിശേഷണ വിശേഷങ്ങളായി മനസ്സിലാക്കണം അതായത് സ്വരൂപം അത് വേറെയാണ് രൂപം വേറെയാണ് പിന്നെ തദ്ഗുണങ്ങൾ ആ തദ്ഗുണം എന്ന് പറയുമ്പോൾ രണ്ടിടത്തുകൊണ്ട് ഗുണങ്ങൾ എന്താണ് ആ സ്വരൂപത്തിലുമുണ്ട് ആ രൂപത്തിലുമുണ്ട് ഗുണവിശിഷ്ടമാണല്ലോ തദ്ഗുണങ്ങൾ വിഭവം ഐശ്വര്യം അതെല്ലാം വിശദീകരിക്കും പിന്നെ ഗുണഗണം ഗുണസമൂഹം അതാണ് അങ്ങനെ ദ്വന്ദ് സമാസം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ രൂപാതി പഞ്ചകം ഭഗവത് അഭിമതാന രൂപം നിത്യം നിരവധ്യം യശ്യാഹസ ആദ്യം പഞ്ചകം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്വരൂപം രൂപം ുണംഭവം ഐശ്വര്യം ഈ അഞ്ചെണ്ണം ഇത് അഞ്ച് എന്താണ് ഭഗവത് അഭിമത അനുരൂപമാണ് നാരായണന് അഭിമതവും അനുരൂപവുമാണ് പിന്നെ നിത്യമാണ് നിരവധ്യമാണ് അതാർക്കാണോ ഉള്ളത് അതാണ് ലക്ഷ്മി ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ആശയം എങ്ങോട്ടെങ്ങോട്ടൊക്കെ അന്വയിക്കണമെന്നുള്ള കൃത്യമായി മനസ്സിലാവും അത് വളരെ കൃത്യമായിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ എന്ത് ദോഷം വരുമെന്നൊക്കെ അവിടെ പറയാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇനി നോക്കേണ്ടത് സ്വരൂപം ഇവിടെ ആദ്യം പറയുന്നുണ്ട് വ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ സ്വ അസാധാരണ ധർമ്മവിശിഷ്ട സ്ത്രീയോ ദിവ്യാത്മസ്വരൂപം തൻ്റെ അസാധാരണമായ ധർമ്മങ്ങളോടുകൂടി ഗുണങ്ങളോടുകൂടി ചേരുന്ന ദിവ്യമായ ആത്മസ്വരൂപം സ്വസ്വരൂപത്തെയാണ് സ്വരൂപം എന്ന് പറയുന്നത് ൂപം ദിവ്യ വിഗ്രഹം ആ ശരീരമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ രൂപാന്തര അവിടെ നിത്യ നിരവധ്യ സ്വരൂപരൂപ ഗുണം രൂപം കഴിഞ്ഞൊരു ഗുണശബ്ദം വരുന്നുണ്ട് അതുകൊണ്ടെന്ന് മനസ്സിലാക്കണം തദ്ഗത നിരദിശയ ഔജ്ജല്യ സൗന്ദര്യ സൗശീല സൗശീല്യ സൗഗന്ധ്യ പറഞ്ഞല്ലോ ലാവണ്യ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗുണം എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് നാരായണന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട് അതെല്ലാം അവിടെ എടുക്കും പിന്നെ അവിടെ വരുന്ന ഒരു ശബ്ദം പരി വിഭവം വിഭവം എന്ന് പറയുന്ന വിഗ്രഹത്തെ സംബന്ധിച്ച് പറയുക ആ ശരീരത്തിന് വേണ്ട പരിജന പരിബർഹാദി എന്താണ് പരിജനങ്ങൾ എന്ന് വെച്ചാൽ ജോലിക്കാർ പരിബർഹ എന്ന് വെച്ചാൽ അലങ്കാരങ്ങൾ ഇതെല്ലാം എങ്ങനെയാണോ എന്താണ് നാരായണന് പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒന്നും കുറയ്ക്കുന്നില്ല കൂട്ടുന്നുമല്ല എന്താണ് ഇപ്പൊ തുല്യത എന്താണ് ഫെമിനിസ്റ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു കാരണം ഒന്നും കുറയ്ക്കുന്നുണ്ടല്ലോ രണ്ടുപേരും പരസ്പരം യോജിച്ചാണ് അപ്പോൾ അതിൽ ഈ ഗുണങ്ങളെന്ന് പറയുമ്പോൾ സ്വരൂപത്തിൽ വരുന്ന ഗുണങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം വിഗ്രഹത്തിൽ വരുന്ന ഗുണങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ പറഞ്ഞേക്കാൾ ആ വിഗ്രഹത്തിൽ വരുന്നതാണ് വിഭവ ശബ്ദം കൊണ്ട് പറഞ്ഞത് പിന്നെ ഇനി അതിനെ തന്നെ എന്താണ് അടുത്ത പേജിൽ നിങ്ങളുടെ പുസ്തകം നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ ഇതേ പുസ്തകമുള്ളവർ നോക്കുക ഏഴാമത്തെ ലൈനിൽ വരും അസ്വരൂപം സ്വരൂപരൂപം പ്രത്യേകം പ്രത്യേകം പറഞ്ഞത് ഇനി ഇത് സ്വരൂപത്തോട് യോജിപ്പിച്ച് പറയാൻ ലക്ഷ്മിയുടെ സ്വരൂപത്തിൽ നിത്യത്വം വരുന്ന അതാണ് സ്വരൂപസ് നിത്യത്വം നിർവികാരതയാ സർവകാല വർത്തമാനത്വം അതിന് തൊട്ടുമുമ്പ് പറയുന്നു സ്വരൂപാതഹേ സർവസ് പരമാത്മ അഭിമതത്വം വ്യക്തം ഇവിടെ സ്വരൂപരൂപം എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ സർവകാര്യങ്ങളും എന്താണ് പരമാത്മാവിന് അഭിമതമാണ് ഇഷ്ടമാണ് അതിൻ്റെ വ്യക്തമായി പറയും അല്ലാതെ പരമാത്മാവിന് അനഭിമതമായ അനിഷ്ടമായ ഒന്നും തന്നെ അല്ലെങ്കിൽ പരമാത്മ സങ്കല്പത്തിന് യോജിക്കാത്ത ഒന്നും തന്നെ എന്താണ് ശരി എല്ലാവരും പറഞ്ഞാലും എന്താണ് ശിവശക്തി ശിവനെ കയറി ഭരിച്ചു കളയുക ശിവനെ മൃതപ്രായനാക്കുക അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇവിടെ ഇല്ല അത് ചെയ്യാത്ത എന്താണ് ഇവർ തമ്മിൽ അടിപടി പൊളിറ്റിക്സ് ഒന്നുമുണ്ട് മറ്റങ്ങനെ തന്നോ ശിവനെ കയറി ഭരിച്ചു കഴിഞ്ഞാൽ ശിവ സമ്മതിക്കും എപ്പോഴും സമ്മതിച്ചു കൊടുക്കും എപ്പോഴും സമ്മതിച്ചു കൊടുക്കില്ല പ്രളയകാലത്ത് എന്തെയും ആടിച്ച് നിലം പരിശോയിളയും പിന്നെ കുറേ കാലം നാക്ക് പൊങ്ങത്തില്ല പ്രളയം വരുമ്പോൾ എന്തെയും ശക്തിയൊക്കെ എന്തെയും എല്ലാം വിനയിപ്പിച്ച് കളയത്തില്ല അപ്പോ അങ്ങനെയുള്ള ഒരു ശല്യങ്ങളൊന്നും ഇവിടെയില്ല എന്താണ് എന്തൊക്കെ മഹത്വം ശക്തിയിലുണ്ട് അതായത് ശക്തി എന്ന് പറയേണ്ട തെറ്റിദ്ധരിച്ചു ശക്തി അല്ല എന്ന് തന്നെ പറയും മറ്റ് സമ്പ്രദായങ്ങളിൽ പറയുന്ന പോലെ ലക്ഷ്മി ഒരു ശക്തി അങ്ങനെ പറഞ്ഞു ലക്ഷ്മി ചെറുതായിക്കിളായിരുന്നു അത് ശിവനിലല്ലേ ശിവന്റെ ഇതിന്റെ അത് പറയും തിരിച്ചും പറയും അതല്ലേ പറഞ്ഞാ പറഞ്ഞെടുത്തിരിക്കണം നീക്കത്തില്ല ഇതാണ് കുഴപ്പം മറ്റേതിലൊക്കെ വരുന്ന എന്താണോ പറഞ്ഞാ പറഞ്ഞെടുത്തിരിക്കണം എന്താണ് ശിവൻ പകുതിയാണ് ശക്തി എന്ന് പറഞ്ഞിട്ട് പറയും ശക്തി വിചാരിച്ചിട്ടില്ലെങ്കിൽ ശിവൻ അനങ്ങാൻ പറ്റത്തില്ല അത് നമുക്ക് പറഞ്ഞു ശക്തിയെ പിന്നെ മേളിക്കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ തലതിരിഞ്ഞു കൊഴുത്താൻ പറ്റും ഉള്ളത് അല്ലേ പറയേണ്ടത് അത് സമ്മതമാണല്ലോ വിഷ്ണുവിന് വിരോധമുള്ള കാര്യമില്ലല്ലോ വിഷ്ണുവിനെ ആടിച്ചൊതുക്കിയിട്ടല്ല വിഷ്ണുവിനെ പറഞ്ഞല്ലോ എന്തൊക്കെ പറയുന്നു അതാണ് ഇവിടെ പറഞ്ഞത് സ്വരൂപാതയെ സർവസ്വ പരമാത്മ അഭിമതത്വം പരമാത്മാ അഭിമതമാണ് പരമാത്മാവിന് നിർവീകാരനും നിഷ്ക്രിയയിലും എന്താണ് നിച്ഛേഷ്ടമാക്കുന്ന ഒരു പരിപാടിയില്ല ഇവിടെ കുറച്ചുകൂടെ അടുത്ത് എൻ്റെ പൊളിറ്റിക്സിൻ്റെ കാര്യം വരെ പറയും എന്ന് വെച്ചാൽ വൈഷ്ണവന്മാരിലൊരു ഗുണം എന്താണ് അവർ രണ്ടിലും പൂർണ്ണത കണ്ടെത്താശിനി രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാതിരിക്കുക ശ്രമിക്കും രണ്ട് ആശയങ്ങളുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് മനുഷ്യർക്ക് മാതൃകയാക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ദമ്പതികൾക്ക് അതാണ് ഇവിടെ പറയുന്നത് ഇനി വൈഷ്ണവർക്ക് അങ്ങനെയാണ് ജീവിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല അക്കാര്യം അറിയത്തില്ല പക്ഷേ ആശയപരമായിട്ട് എന്താണ് വളരെ പ്രൗഢമാണ് ഈ പറയുന്നത് മറ്റേതെന്താണ് ജഗത പിതരൂ വന്ദേ പാർവതി പരമേശ്വരം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പം എന്താണ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ പരിപാടി ഇല്ലെന്നാണ് പറഞ്ഞത് ആ വിഷ്ണുവിനെ അതിങ്ങനെ പാർവതി പരമേശ്വരവും നടത്തി പറഞ്ഞു അതൊന്ന് പറഞ്ഞ അർത്ഥം ഞാനൊന്ന് കേൾക്കട്ടെ പാ എന്ന് പറഞ്ഞ ഒരർത്ഥം വരില്ല അത് എന്താണ് ഈ പഠിപ്പിക്കുന്ന സാറിനും കേൾക്കുന്ന വിദ്യാർത്ഥിയെക്കും വലിയ ബോധമൊന്നുമില്ലെങ്കിൽ എന്തും പറയും അത് തന്നെ അത് പലതും പറയും പറയുന്നതിന് കുഴപ്പമില്ല പാർവതീപ രമേശ്വരവും എന്നൊക്കെ വിഗ്രഹിക്കും അന്ന് ശരിയാവത്തില്ല മനസ്സിലായോ ആ പറഞ്ഞെന്ന് ഇതായിരിക്കും പാർവതീപൻ പാർവതിയുടെ പതി രമേശ്വരൻ രമായ ഈശ്വര അതൊന്നും വ്യാകരണത്തിന് ശരിയാവും അതൊക്കെ അബദ്ധമാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു അതായിരിക്കും പണ്ട് എന്ത് പറയുന്നു ഇവിടെ സ്വരൂപാതെ സർവസ്യ പരാ പരമാത്മാ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി അതെല്ലാം എന്താണ് അവിടെ പരമാത്മാ നാരായണന് യോജിക്കാത്ത ഒന്നുമല്ല നാരായണന് അഭിമതമല്ലാത്ത ഒന്നുമില്ല സ്വരൂപസ് ഇനി ആ സ്വരൂപത്തിന് ഈ നിത്യത്വം നിർവി നിർവികാരതയ സർവകാല വർത്തമാനത്വ സ്വരൂപം അങ്ങനെയാണോ നിർവികാരൂപത്തിൽ സർവകാലത്വം ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലെല്ലാം നിലക്കുന്നു എന്നിട്ട് അവിടുത്തെ കാലം തന്നെ വേറെയാണ് എന്താണ് നിരവധ്യത്വം പൂർവം പരമാത്മ സ്വരൂപ പ്രതിപാദിത പ്രകാരം എന്നിട്ട് എന്താണോ പിന്നെയും പറയുന്നുണ്ട് തന്ത് പിതൃത്വ പ്രയുക്ത കഥാചിക്ക് ഊഷ്മളത്വാദിരാഹിത്യം ബാ അങ്ങനെയും പറയാം അത് കുറച്ചുകൂടെ യോജിക്കും അതായത് മാതാവും പിതാവും അന്നുമ്പത് പറഞ്ഞിട്ടുള്ളതാണ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ മക്കൾ കുട്ടികൾ എന്തെങ്കിലും കാര്യം ഇപ്പോഴും പോകുന്ന എവിടെയാണ് മാതാവിൻ്റെ അടുത്താണ് പഴയ കാലത്ത് ഇന്നങ്ങനെയല്ല ഇന്നവർക്ക് മാതാവും പിതാവും ഒന്നും വ്യത്യാസമൊന്നുമില്ല പഴയ കാലത്ത് അങ്ങനെയായിരുന്നു കാരണം പിതാവ് കുറച്ച് ഗൗരവക്കാരനായിരിക്കും ഊഷ്മളത എന്താണ് ഒരു സൗമനസ് എപ്പോഴും കാണത്തില്ല ചിലപ്പോൾ ചൂടായിരിക്കും അതുകൊണ്ടാണ് അങ്ങോട്ട് അടുക്കാൻ പഠിക്കുന്നത് അതാണ് ആ ഊഷ്മളത്വം എന്ന് പറയുന്നത് കാതാചിത്മായിരിക്കും ചിലപ്പോഴേ കാണത്തു എനിക്കവറും ഇല്ലെങ്കിലും പിതാക്കന്മാരൊക്കെ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാരൊക്കെ കുട്ടിക്കാരൊക്കെ കുറച്ചൊരു ഗൗരവത്തിരിക്കും അവർ വിചാരിക്കുന്ന അങ്ങനെ ഗൗരവത്തിരുന്നാലേ അവർക്ക് വില കൂടത്തുള്ളൂ എന്നാണ് പഴേ വിക്ടോറിയൻ ശൈലി രീതിയായിരുന്നു ഇപ്പോൾ കുറച്ച് കൃത്രിവുമായിട്ടുള്ള ഒരു അത് ഉള്ളതാണ് പക്ഷേ ഇതങ്ങനെ ഇല്ല മാതാവിൻ്റെ ഭാഗത്ത് അങ്ങനെ ഇല്ല മാതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചെപ്പോഴും വാത്സല്യമായി ആ വ്യത്യാസം പറയുകയാണ് ഈ കാതാചിത്വ ഊഷ്മളത്വരാഹിത്യം ഉണ്ട് ഊഷ്മളത്വതി ഊഷ്മളത്വം വാത്സല്യം ദയാ സ്നേഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണോ പിതാവിലും ഉണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കാതൊക്കെ ഗൗരവത്തിരിക്കും മറ്റങ്ങനെയല്ല എപ്പോഴും ഒരുപോലെയായിരിക്കും അമ്മ എന്ന് പറയുമ്പോൾ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ കൂടുതൽ അമ്മയായിട്ട് അടുക്കുന്നത് അപ്പോൾ അതിവിടെയുണ്ട് നമ്മൾ നോക്കുക ലോകത്തിൽ എങ്ങനെ കാണുന്നു ആ ലോകത്തിലെ എല്ലാ നന്മകളും അങ്ങോട്ട് ആരോപിച്ചിട്ടാണ് പറയുന്നത് മാതാപിതാക്കൾ കാണുന്ന വിശേഷത എല്ലാം അപ്പോ ജഗത പിതരോ എന്ന് പറയുന്ന യോജിക്കുന്ന ഇവിടെ തന്നെയാണ് അവിടെ കാളിദാസൻ ഉദ്ദേശിച്ചത് പാർവതി പരമേശ്വരന്മാരാണെങ്കിലും യോജിക്കുന്നത് ഇവിടെയാണ് അല്ലെങ്കിൽ യോജിപ്പിക്കുന്നത് ഇതുപോലെ അവിടെയെങ്കിലും യോജിപ്പിച്ചിട്ടില്ല അതെ പിതാവിന്റെ സ്ഥാനത്താണ് അതാണ്ട് വെറുതെ ഗൗരവത്തിയിരിക്കുന്നത് അതാണ് പറയുന്നത് കാതാചിത്ത ഊഷ്മളത്വാദി രാഹിത്യം കഥാചിത്ത ഊഷ്മളത്വം പിതാവിൽ അതിന്റെ രാഹിത്യം മാതാവിന് ചില സമയത്ത് ഊഷ്മളമായിരിക്കുക എന്ന് പറയുന്നത് പിതാവിന്റെയാണ് അതിന്റെ രാഹിത്യം അങ്ങോട്ട് അന്വേഷിക്കുന്നു നാരായണൻ അങ്ങനെയാണല്ലോ ഈ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് നാരായണോ അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറയുന്നു പിന്നെ കാഥാചിത്വ ഊഷ്മളത്വം എന്ന് പറയുന്നത് പിന്നെ വേറെ എവിടെയാളുള്ളത് ഇവിടെ ഈ രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് വേറെ ഒരാൾ ഇവിടെ പറയാനില്ലല്ലോ അതൊക്കെ നമ്മുടെ എന്താണ് ബുദ്ധിയുണ്ട് മനസ്സിലാക്കണം അത് നേരത്തെ പറഞ്ഞില്ലേ പിതൃത്വപ്രയുക്തം എന്ന് പറഞ്ഞുണ്ട് പിതൃത്വപ്രയുക്ത അത് പിതാവിൽ വരുന്നതാണ് ഈ കഥാചിക്ക് ഊഷ്മളക്ക് അതിൻ്റെ രാഹിത്യം ഇവിടെ വരും മാതാവിന് മനസ്സിലാവുന്നില്ലേ എന്നെന്താ ഇവിടെ മാതാവും പിതാവും എന്ന് പറയുന്നത് നാരായണനും നാരായണിയുമാണ് വേറെ ആരുമില്ല എങ്ങനെ അത് അല്ല ഇത് മാതാവ് പിതാവും അതായത് ഇവിടെ പിതൃത്വം എന്ന് പറഞ്ഞു പിതാവിന്റെ സ്ഥാനം വരുമ്പോ മാതാവിന്റെ സ്ഥാനം വരുമ്പോൾ രണ്ടിനെയും വ്യത്യാസം കാണിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പിതൃശബ്ദം ഉപയോഗിച്ചത് മറ്റ് വിഷ്ണുവിന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് യോജിക്കും പക്ഷേ ഇത് ലോകത്തിൻ്റെ മാതാപിതാക്കളാണ് അതുകൊണ്ട് അനുരൂപത്വ യഥാപ്രമാണം ഇതുമൊക്കെ ആ സ്വരൂപത്തിന് വേണ്ടി പറയണം സ്വരൂപത്തിന് ഈ ഗുണങ്ങൾ ഈ വിശേഷങ്ങൾ യോജിപ്പിക്കുകയാണ് അനുരൂപത്വം പിന്നെ രൂപത്തിൽ അത് യോജിപ്പിക്കും സ്വരൂപം എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹമല്ല വിഗ്രഹത്തിന് വിഗ്രഹവിശിഷ്ടമാ ഏതാണോ അത് അതാണ് സ്വരൂപം അനുരൂപത്തൊന്തു യഥാപ്രമാണം പ്രാഗദേവ കല്യാണ ഏകതാനത്വാദിക നേരത്തെ പറഞ്ഞല്ലോ ആരുടെ വിഷ്ണുവിൻ്റെ പറഞ്ഞപ്പോ കേവലം മംഗളം മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ ആ മംഗളസ്വരൂപമാണ് അതെല്ലാം ഇവിടെ യോജിക്കും സന്താനന്ദ ഇത്യാദികം ഇഹ ഭാവ്യം ഇതോടെ മനസ്സിലാക്കിക്കോണം എന്നർത്ഥം അതായത് വിഷ്ണുവും അല്ലെങ്കിൽ നാരായണനും ശ്രീയും തമ്മിലുള്ള ബന്ധത്തെ വളരെ എന്താണ് മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് നമ്മൾ സാറിന് കേട്ടിട്ടുള്ളത് എന്താണ് രാമൻ കാട്ടിപ്പോകാനായിട്ടിറങ്ങിയപ്പോൾ സീത കൂടെ തയ്യാറായി ഇറങ്ങി അത് വലിയൊരു മഹാത്യാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പറയുക ലക്ഷ്മി എങ്ങനെയാണ് വിഷ്ണുവിനെ പിരിയാതിരിക്കുന്നത് അതാണ് ഇവിടെ ഇത് വളരെ പ്രസിദ്ധമാണ് സാധാരണ വൈഷ്ണവന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരിത് കേട്ടിരിക്കും കേട്ടിട്ടുണ്ടാരെങ്കിലും ചതിച്ചു നോക്കിയ നോക്കിയ വായിച്ചു നോക്കിയ വായിച്ചു നോക്കിയേ പക്ഷെ വളരെ ഇതിന്റെ അർത്ഥം വേണമെങ്കിൽ ഞാൻ പറയാം ശാന്താനന്ദ മഹാവിഭൂതി പരമം യത് ബ്രഹ്മരൂപം ഹരേഹേ ഒന്നാമത്തെ വരികയാണ് ശാന്താനന്ദം അത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയല്ലോ ശാന്താനന്ദ മഹാവിഭൂതി വിഭൂതി എന്ന് പറയുന്ന ഇതാണ് ലീലാവിഭൂതി നിത്യവിഭൂതി അങ്ങനെ മഹാവിഭൂതിയോടുകൂടിയിരിക്കുന്ന പരമം ഏറ്റവും പരമമായിരിക്കുന്ന യത് ബ്രഹ്മരൂപം ഹരേഹേ അത് ഹരിയുടെ ഒന്നാമത്തെ രൂപമാണ് അതാണ് ശാന്താനന്ദ മഹാവിഭൂതി പരമം യദ് ബ്രഹ്മരൂപം ഹരേഹെ ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ കേട്ടോ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മഹാവിഭൂതി എന്ന് പറയുന്ന രണ്ട് വിഭൂതികൾ ആ വിഭൂതിയോടുകൂടിയിരിക്കുന്ന ഹരിയുടെ ബ്രഹ്മരൂപം നിത്യവിഭൂതി ലീലാവിഭൂതി ഒന്ന് തദ്വിഷ്ണു പരമം പദവും എന്ന് പറയുന്ന ആ വിഭൂതിയും മറ്റൊന്ന് ഈ കാണുന്നില്ല മൂർത്തം യെച്ച തോപി യത് പ്രിയതരം മൂർത്തം മൂർത്തം ോപി യത് പ്രിയതരം രൂപം യത് അത്യത്ഭുതം എന്നാണ് പറയുന്നത് മൂർത്തം ബ്രഹ്മ തോപി യത് പ്രിയതരം രൂപം യത് അത്യദ്ഭുതം ഈ പറയുന്ന എന്താണ് രണ്ടാമത്തെ മൂർത്തം ബ്രഹ്മ എന്ന് പറയും അത് അടുത്ത രൂപം ഭക്തന്മാരെല്ലാം ഉപാസിക്കുന്ന രൂപം അതാണ് മൂർത്തം അതാണ് വിഗ്രഹം ദിവ്യവിഗ്രഹം ദിവ്യവിഗ്രഹം എന്ന് പറയും സ്വരൂപം ആ സ്വരൂപത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത് അതിൻ്റെ രൂപമാണ് രണ്ടാമത്തെ വരി പറയുന്നത് മൂർത്തം ബ്രഹ്മം മൂർത്തമായ ബ്രഹ്മം പ്രിയതരം എന്ന് പറഞ്ഞ് ആർക്ക് പ്രിയതരം ഭക്തന്മാർക്കെല്ലാം പ്രിയതരമായിരിക്കുന്നു എന്തുകൊണ്ടത് നേരത്തെ പറഞ്ഞ സൗന്ദര്യ സൗകര്യ ലാവണ്യമെല്ലാം ചേർന്ന രൂപം അതുകൊണ്ടാണത് പ്രിയതരമായിരിക്കുന്നു ഉപാസനയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതിനെ ധ്യാനിച്ചിട്ടാണ് ആൾക്കാർ ആനന്ദത്തെ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മൂർത്തം ബ്രഹ്മ തത്തോപി പ്രിയതരം രൂപം ഇതത്യത്ഭുതം അത് വളരെ അത്ഭുതകരമായ രൂപമാണ് അതിനാണ് ഇവിടെ വർണ്ണിച്ചത് ദിവ്യവിഗ്രഹം എന്ന് പറഞ്ഞ് വർണ്ണിച്ചത് അതായത് ദിവ്യങ്ങളായ ആഭരണങ്ങളും ദിവ്യമായ ആയുധങ്ങളും ദിവ്യങ്ങളായ ആയുധങ്ങളും എല്ലാം ഉള്ള ആ രൂപത്തെയാണ് പറഞ്ഞത് അത് അത്യത്ഭുതമായ രൂപമാണ് ഇത് രണ്ടാമത്തെ രൂപം പറഞ്ഞ അവസാനം പറയുന്നത് എന്താണ് ഈ ഒന്നാമത്തെ രൂപത്തിലും ലക്ഷ്മിയുണ്ട് ഈ രണ്ടാമത്തെ രൂപത്തിലും ലക്ഷ്മി ലക്ഷ്മിയുണ്ട് തന്നയ യഥാസുഖം വിഹരതോ രുവാണി സർവാണി യഹു സ്വരൂപൂപവിഭവൈ സ്വരൂപൂപവിഭവൈ ഗാഠോപകൂഢാ തേ എന്നല്ലേ ൂപരൂപ വിഭവോപഗൂഢാനി അതും പറഞ്ഞില്ലല്ലോ ബാക്കിയെല്ലാം മനസ്സിലായോ രണ്ടല്ലേ പറഞ്ഞുള്ളൂ ഞാന്യന്യാനി യഥാസുഖം വിഹരതോ യഥാസുഖം വിഹരിക്കുന്നതായ അന്യരൂപങ്ങൾ ഏതൊക്കെയാണ് രാമകൃഷ്ണാദി രൂപങ്ങൾ വിഭവങ്ങൾ വിഭവം വ്യൂഹം ആ രൂപത്തിലുള്ള രൂപങ്ങളാണ് അടുത്ത ഒരു രൂപം അവിടെയും ആരുണ്ട് ലക്ഷ്മി കൂട്ടത്തിലുണ്ട് അതാണ് രാമനോടും കൃഷ്ണനോടും ഒക്കെ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നതാണ് അതാണ് ഈ അന്യന്യാന് യഥാസുഖം യഥാസുഖം എന്ന് വെച്ചാൽ തൻ്റെ അവതാര കൃത്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് വിഹരിക്കുന്നതായ അവിടെയും അതാണ് ഈ അന്യന്യാന് വിഹരതോ രൂപാണി സർവാണി പാന്നി ആഹു സ്വരൂപരൂപവിഭവൈ സ്വയിർ സ്വയിർ അനുരൂപരൂപവിഭവ അവിടെയെല്ലാം തീരുന്നു ഇതാണ് അനുരൂപമായ രൂപങ്ങളോടും വിഭവങ്ങളോടും കൂടി ഗാഢ ഉപരൂപം ഗാഠൊന്നിച്ച ദൃഢം ഉപകൂടൊന്നിച്ച സംബന്ധം ദൃഢമായ സംബന്ധത്തിരിക്കുന്നു എന്നിട്ട് ഒരിക്കലും പിരിയാതിരിക്കുന്നു തേ അനുരൂപ രൂപ ഗുണവിഭവീ നർത്തം നിന്റെ അനുരൂപമായ രൂപ ഗുണവിഭവങ്ങളോടുകൂടി എന്ത് ചെയ്യുന്നു ഗാഠ ഉപഗൂഢമായിരിക്കുന്നു ആര് ലക്ഷ്മി ആണ് പറയുന്നത് അപ്പൊ കൂടെ ഉണ്ടെന്ന്ർത്തം ഇതാണ് ദമ്പതികൾ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുന്നു നമുക്കൊരു കഥയിലെ കാര്യം അറിയാവൂ എവിടെ നമ്മുടെ രാമാവതാരത്തിൽ സീത കൂടെ പോയി വെറുതെയാണോ പോയത് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതാര് ആരാ എഴുതിയത് രാമാനുജാചാര്യെഴുതിയാണ് ഇതുപോലെ രാമാനുജാചാര്യ രാമനാചാര്യ രാമനാചാര്യ ആ രാമനാചാര്യ ജാമുനാചാര്യ എഴുതിയാണ് ജാമുനാചാര്യ എഴുതി അത് തപ നിന്റെ എന്താണ് ഈ വിഭവങ്ങളോടുകൂടി നാണോ നാരായണൻ എന്ത് ചെയ്യുന്നു ദൃഢബന്ധത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് നടത്തും ദൃഢമായിരിക്കും അപ്പോ അത് ആ ചാ എന്ന് കൊടുത്തിട്ടുള്ളത് ചതിശ്ലോകി അതിലും നാലാമത്തെ പത്തി ഇത്യാധിക മിക ഭാവ്യം ഇതൊക്കെ മനസ്സിലാക്കുന്നു രണ്ടും നമ്മളുടെ പറയുന്നത് എന്താണ് രണ്ടുപേരും നമ്മളുടെ ബന്ധം ഇവിടെയൊക്കെ ഏതെല്ലാം രൂപത്തിൽ നാരായണനുണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി ചെയ്യുന്നു ദാഠ ഉപകൂഢമായിരിക്കും ദൃഢമായിമായി ബന്ധിച്ച് ബിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ എല്ലാ വിഭവങ്ങളോടും കൂടി മുമ്പ് പറഞ്ഞ എല്ലാ ഗുണങ്ങളോടും കൂടി അതെങ്ങനെ അനുരൂപരൂപ വിഷ്ണുവിന് അനുരൂപമായ എല്ലാ സ്ഥലത്തും വിഷ്ണുവിന് അനുരൂപമായ രൂപ വിഭവങ്ങളോടുകൂടിയിരിക്കുന്നു വിഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ് പരിജന പരിപ്രഭാദികളോട് കൂടിയിരിക്കുന്നു അലങ്കാരങ്ങളോടുകൂടിയിരിക്കുന്നു നല്ല എന്താണ് വൈഷ്ണവരും നല്ല ഭാവനയുള്ളവരും സഹൃദയന്മാരുമാണ് അല്ലെങ്കിൽ ഇതൊന്നും എഴുതാൻ പറ്റില്ല അദ്വൈതികളെ പോലെ ശുഷ്കന്മാരല്ല മുരടന്മാരല്ല ഇത്രയും മനോഹരമായി ഇത് എഴുതി വയ്ക്കുന്നു ശാന്താനന്ദ മഹാവിഭൂതി പരമം യ്രഹ്മൂപം മുഹരേ ം ബ്രഹ്മ തോ പ്രിതരം രുവം യുതം തന്നസുഖം നിഹരതോ സർവാണി രുപാണി രുവാണി സർവാണി അനുയാഹു സ്വപ അനുരൂപൂപവിഭവൈ ഗാഢോപഗ്രഹി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാലും ഇത് പറഞ്ഞപ്പോഴാണ് വായിച്ച് മനപ്പാടം ചെയ്യാനുള്ള പ്രായമല്ല നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ പറ്റും മനപ്പാടം അറിയാമോ പഠിച്ചാൽ നോക്കാനുള്ള പ്രായമല്ല കഴിഞ്ഞവണ്ണം ഞാൻ പറഞ്ഞാലും ഒരു വർഷത്തിനൊരു വ്യത്യാസമുണ്ട് പിന്നീട് എനിക്കറിയാമായിരുന്നു പക്ഷേ പറയുമ്പോൾ ചെറുതോട് മാർക്ക് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിന് ആയിരത്തി മുന്നൂറ്റി കറക്റ്റ് ചെയ്തോ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നതിൽ അങ്ങനെ ഓർമ്മിപ്പിച്ചവരും രൂപസി നിത്യത്വം അവതാരാദി ദശായാമവി പരമപദ നിലയ ഭഗവത് ഏകാസനസ്ഥിത തഥാവസ്ഥിതത്വം ഇതെല്ലാം എന്താണ് നേരത്തെ എല്ലാം സ്വരൂപ സ്വരൂപത്തോടുകൂടി യോജിപ്പിച്ച് ഇനി രൂപത്തോട് യോജിപ്പിക്കുകയാണ് അത് രണ്ടും രണ്ട് വ്യത്യാസമുണ്ടല്ലോ സ്വരൂപവും രൂപവും അപ്പോ രൂപത്തിലും ആ നിത്യത്വത്തെ യോജിപ്പിക്കണം അവതാര അതിദശായാം പിന്നെ അവിടെ എപ്പോഴും ഇരിക്കുകയല്ലോ ഇങ്ങോട്ട് അവതാരമൊക്കെ വരുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്ന അവസരങ്ങളിലും പരമപഥ നിലയ ഭഗവത് ഏകാസനസ്ഥിതസ് അവിടെയും പരമപഥത്തിൽ അതാണ് എന്റെ ദേവിഭൂതി അവിടെ ഭഗവാനോടൊപ്പം ഒരേ ആസനത്തിൽ തന്നെ ഇരിക്കുന്നു ഏകാസനസ്ഥിതസ് തഥാ അവസ്ഥിതത്വം അപ്പൊ അതിന് മാറ്റമൊന്നുമില്ല ഇവിടെ വന്നു വിചാരിച്ച് അവിടുത്തെ ഇരിപ്പിന് മാറ്റമൊന്നുമില്ല അത് മാറാതെ അവിടെ ഇവിടെ വരുമ്പോ സീതയായും രാധയായിട്ടും ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ യാതൊരു വ്യത്യാസവും തഥാവസ്ഥിതത്വം അപ്പൊ ഇനി അനുപം അല്ല ഓരോന്ന് രൂപത്തോട് യോജിക്കുകയാണ് അനുരൂപത്തു ച അസ്യാദേവ്യ യഥാരൂപം അംഗപ്രത്യംഗസൗഷ്ടവം രാമസി ച തഥാരൂപം തസേയം അസുദേഷണ ഇത് രാമായണം അസ്യാദേവ്യ യഥാരൂപം അംഗപ്രത്യംഗസോഷ്ടം ദേവിക്ക് എങ്ങനെയാണോ അംഗപ്രത്യംഗ സൗന്ദര്യമുള്ളത് എന്താണ് രാമസ്യ തഥാരൂപ രാമ രാമനും എന്താണ് അതിന് യാതൊരു കുറവും ഇല്ല എന്നാണ് തസ്യം അസിതേഷണ തസ്യ ആ രാമന്റെ ഇയം അസിതേഷണ അസിതോ എന്ന് പറഞ്ഞ കരിങ്കൂവളം മാളുപോലെയുള്ള കണ്ണാണോ അപകടം കരിങ്കൂവള ദളം കണ്ണിനെപ്പോഴും ഉപമിക്കുന്നതാണ് അസുതം പോലെയുള്ള ഈക്ഷണത്തോടുകൂടി അവൾ സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് വിഷ്ണുർ ദേഹാനുരൂപം വൈ കരോത്യേഷ ആത്മനസ്ഥനും അതാണ് പറയുന്നത് അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണോ വിഷ്ണുവിന് അനുകൂലമായിരിക്കുന്ന അതുപോലെ ഈ അവതാരങ്ങളിലൊക്കെ വരുമ്പോഴും എന്ത് ശരീരത്തെ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും ഓരോ സ്ഥലത്തും അതാണ് ഇവിടെ പറയുന്നത് വിഷ്ണോ ദേഹാനുരൂപം മൈ വിഷ്ണുവിൻ്റെ ദേഹാനുരൂപം കൃഷ്ണനായോ കൃഷ്ണനായിട്ട് രാമനായ രാമനായിട്ട് കരോത്യേഷ ആത്മനസ്ഥനും യേഷ ആത്മനത്തനും കരോതി എന്നാണ് ആരും സംശയം ചോദിച്ചില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ പന്നിയായപ്പോ അങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതൊക്കെ മനുഷ്യരൂപത്തിൽ വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും അതുകൊണ്ട് ആ ചോദ്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇത്യാദി പ്രതിപാദിതം നോക്കുക ഇതിനെയെല്ലാം സ്വരൂപത്തോട് യോജിപ്പിച്ചു ഇനി എന്താണ് രൂപത്തോട് യോജിപ്പിച്ചു ഇനി വിഗ്രഹ ഗുണങ്ങളോട് യോജിപ്പിക്കരുത് സ്വരൂപരൂപം ആദ്യം പറഞ്ഞേ പറഞ്ഞു ആദ്യം പറഞ്ഞു രൂപം ദിവ്യ വിഗ്രഹ സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വ അസാധാരണ ധർമ്മവിശിഷ്ടം സ്ത്രീയോ ദിവ്യാത്മസ്വരൂപം രണ്ടും നേരത്തെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു രൂപവും സ്വരൂപവും എന്താണെന്ന് എന്നിട്ട് ഇതെല്ലാം അതിനോട് യോജിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ സൂക്ഷ്മക്ഷിക എന്ന് എല്ലാ തത്വങ്ങളും ഇതിൽ നിന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അത് എന്താണോ വ്യാഖ്യാതാവിൻ്റെ അപാരമായ ആ ഗ്രഹണ സാമർത്ഥ്യമാണ് നിരീക്ഷണ സാമർത്ഥ്യമാണ് അല്ലെങ്കിൽ ഇതൊന്നും ഒരാൾക്ക് വായിച്ചാൽ ഇതൊന്നും പക്ഷേ എല്ലാം യോജിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൻ്റെ സഹായമില്ലാതെ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ മഹാവാക്യത്തിൻ്റെ എന്താണ് എന്താണ് വൈഷ്ണവരുടെ സിദ്ധാന്തം നമുക്ക് മനസ്സിലാക്കി തരിക അപ്പൊ അത് മനസ്സിലാക്കി വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാകണം എന്താണ് നിത്യവിഭൂതി ഇനി ഇതെല്ലാം വിശദീകരിക്കും എന്താണ് ലീലാവിഭൂതി എന്താണ് നാരായണൻ എന്താണ് ലക്ഷ്മി അവിടുത്തെ ഗുണങ്ങൾ എന്താണ് അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണ് പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ആ സിദ്ധാന്തം മുഴുവൻ ഇതിനകത്ത് പറയും പറയുന്നത്